ഓ ബ്രഹ്മ ബ്രഹ്മസ്വഭാവ സ്വഭാവം അങ്ങനെയാണ് വിദ്യാഭ്യാസം ഈ ബ്രഹ്മം എന്ന് പറയുന്നത് അഭി അത് പ്രകാശിക്കുന്നുണ്ടെങ്കിലും പ്രകാശിക്കാത്തത് പോലെ എന്താണ് ബ്രഹ്മം പ്രകാശിക്കുന്നുണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ എന്താർത്ഥം പ്രകാശിക്കുന്നുണ്ടെങ്കിലും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിലും എന്റെ അർത്ഥം എന്താണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു ദാമുദിയൊക്കെ ആൾക്കാർ പഠിച്ചിട്ടേ മുഴുവൻ പഠിച്ചിട്ട് മസാല എന്ത് പഠിച്ചു എന്ന് ചോദിച്ചാൽ ഒരു വാക്ക് പോലും പറയാൻ ആൾക്കാർക്ക് കിട്ടാറില്ല സാർ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിട്ടുണ്ടെങ്കിൽ ഞാനിന്ന് ഓരോ കാര്യം ഇങ്ങനെ ശരി എന്തെങ്കിലും മനസ്സിലാക്കി അപ്പൊ അത് കൃത്യമായി അറിഞ്ഞിട്ടെങ്കിൽ മനസ്സിലായി പ്രകാശിക്കുന്നു എങ്കിലും എന്താ പറഞ്ഞില്ല പ്രകാശിക്കുന്നു അത് അറിവായിരിക്കുന്നു എങ്കിലും ും അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം എന്താണോ അതിനെ അറിയുന്നു എങ്കിലും രണ്ടു തരത്തിനും പറയാം ഒന്ന് അത് അറിവായിരിക്കുന്നു എങ്കിലും അല്ലെങ്കിൽ അതിനെ അറിയുന്നു എങ്കിലും ഏതിനെ ബ്രഹ്മ ബ്രഹ്മം അറിവായിരിക്കുന്നു എന്ന് പറയാണെങ്കിൽ ബ്രഹ്മത്തെ അറിയുന്നു എങ്കിലും പ്രതിപാദീവ അതറിയാത്തതുപോലെ ആ ബ്രഹ്മം അറിയുന്നുവെങ്കിലും ബ്രഹ്മത്തെ അറിയാത്തതുപോലെ ഇരിക്കുന്നു ബ്രഹ്മത്തെ നമ്മൾ അറിയുന്നുവെങ്കിലും അതിനെ അറിയാത്തതുപോലെയാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കി പറഞ്ഞു പറഞ്ഞ ഒരുപാട് നേടി പറയണ്ടത് സ്വഭാവം തന്നെയാണ് അതിനറിയുന്നുവെങ്കിലും അത് അറിയാത്തതുപോലെ അതായത് അറിയുന്നു എങ്കിലും എന്ന് വെച്ചാൽ അറിവിനെ നമ്മൾ അറിയുന്നുണ്ട് അതെ അറിവായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും ആരാണോ അറിവിനറിയുന്നത് അപ്പൊ അത് അങ്ങനെ അറിയുന്നുവെങ്കിലും അറിയാത്തതുപോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു അതിനെ ബ്രഹ്മമായി അറിയില്ല പ്രശ്നം അറിവിനാൽ എല്ലാവർക്കും പറയുന്നത് അതുകൊണ്ട് എന്റെ പുള്ളി ആരും കൊണ്ട് എന്റെ കൂടി ആരും ഉണ്ടാകും പറഞ്ഞു ആരോപതി എന്റെ കൂടി ആരും ഉണ്ടാകും ഞാൻ അറിയുന്നു എന്നറിയാം എന്റെ അറിവെന്ന് അറിയാം അങ്ങനെ അറിവീന സർവേ അറിയുന്നുണ്ട് അതാണ് പ്രതിഭാൻ അറി അറിയുന്നു അതിനെ ബ്രഹ്മമാണ് ഈ സ്ഥാനത്തിന് അറിയുന്നില്ല അതാണ് അറിയാത്തതുപോലെ ഇരിക്കുന്നത് അപ്പോൾ ഈ ആദ്യം പറഞ്ഞ ഭാഗം എല്ലാവരും സംബന്ധിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്റെ പിള്ളേരും കൊണ്ട് ഞാൻ അറിവിനറിയുന്നു എന്റെ അറിവാണ് ഇത്വൈം പഠിച്ചാലും പഠിച്ചിട്ടുണ്ടെങ്കിൽ സർവ്വ മനുഷ്യർക്കുള്ള അറിവാണ് എല്ലാവർക്കും തർക്കമില്ല പക്ഷെ ആ അറിവാണ് ബ്രഹ്മം എന്നുള്ളത് വലിയ പ്രയാസപ്പെട്ടവരാണ് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അവരുടെ പഠിച്ചു അദ്വൈത ബ്രഹ്മെന്ന് പറയുന്നത് ഈ അറിവിനെ തന്നെ എന്ന് പറഞ്ഞാൽ അവിടെ തർക്കം പല പല തർക്കങ്ങൾ വരും അതുകൊണ്ടാണ് അതിനെ അറിയാത്തതുപോലെ ഇരിക്കുന്നത് മനുഷ്യരാരും ഈ അറിവിനെ ബ്രഹ്മമായി അറിയുന്നില്ല വാസുതിന്റെ അറിവ് ബ്രഹ്മം തന്നെയാണ് ഇതാണ് അദ്വൈതന്റെ അറിവാണ് ഇത്തിരി മനസ്സിലായോ അറിവറിയ ആരോഗ്യ എന്നുള്ളതുമായിട്ട് ഞാൻ പറഞ്ഞു മനസ്സിലായി അനുഭവിച്ചിരിക്കുന്നു അറിവ് തന്നെ സ്വഭാവം തന്നെയാണെന്ന് ഇത്തിരി പ്രസംഗം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇത്രയും ഇത്രയും പറയേണ്ട കാര്യമുള്ളൂ പക്ഷെ അതിന്റെ പ്രസംഗം പറയുന്ന സ്വഭാവമായി കഴിഞ്ഞാൽ അതെപ്പോ എന്തുകൊണ്ട് അറിയുന്നില്ല എന്നുള്ളതിന് ഉത്തരം പറയാം അങ്ങനെയാണ് ഞാനെന്റെ ചോദിച്ചത് ദിവാനബി ഞാൻ പ്രധാനം പറഞ്ഞ അർത്ഥം ഈ അറിവിനെ ബ്രഹ്മാളം അറിയുന്നത് അതാണ് ഏറ്റവും വലിയ പ്രശ്നം മറ്റൊരാൾക്ക് പിന്നെന്താണ് എന്തുകൊണ്ട് അറിയുന്നില്ല അങ്ങനെയൊക്കെ അപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോഴേ രണ്ടു തരത്തിൽ ചിന്തിക്കണം ഒന്നെന്താണ് ആദ്യം നമ്മുടെ ചിന്തയ്ക്ക് ഒരു ഫ്രെയിം ഉണ്ടാക്കും അതിൽ ആ ഫ്രെയിമിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കാൻ പറ്റും അതാണ് ഫസ്റ്റിൽ വേണം രണ്ടാമത് എന്ത് ചെയ്യണം ആ ഫ്രെയിമിന്റെ പുറത്തു പോയി ചിന്തിക്കാൻ പറ്റും നമ്മൾ ഫിലോസഫിക്കലായി ചിന്തിക്കാൻ പറ്റും എന്ന് വെച്ചാൽ ചിന്തയ്ക്ക് ഒരു നിയന്ത്രണമുണ്ടാവണം സിസ്റ്റം അനുസരിച്ച് ചിന്തിക്കണം പിന്നെ അത് പുറത്തുപോയി ചിന്തിക്കാൻ കഴിയും അപ്പോ അതിനെക്കുറിച്ച് കൂടെ ചിന്തിക്കുമ്പോഴാണ് എന്തുകൊണ്ടറിയുന്ന അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും ഇപ്പോൾ ഫസ്റ്റിനെ എന്തെങ്കിലും എന്താണ് എഴുതിയിരിക്കുന്നത് അതിന്റെ അർത്ഥം മനസ്സിലാക്കാം ഫസ്റ്റ് പ്രതിഭാവിന്റെ അർത്ഥമാണ് സിമ്പിളായ ആദ്യം സിമ്പിളായ അർത്ഥം അത് മനസ്സിലാക്കിയതിനു ശേഷം അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ് രണ്ടാമത് വരും നമ്മൾ മനസ്സിലാക്കിയ അർത്ഥത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ മനസ്സിലായത് അപ്പോൾ രണ്ട് സ്റ്റെപ്പും വേണം അപ്പൊ ഇത് വരെ വലിയൊരു പ്രശ്നമാണ് എന്താണ് ബ്രഹ്മം അറിവാണ് എന്ന സാധനങ്ങളും മറപ്പഭാഷങ്ങളെല്ലാം ബ്രഹ്മം അറിവാണ് അറിവെയാണ് ബ്രഹ്മം എന്ന് വിളിക്കുന്നത് അപ്പോൾ നമുക്ക് തോന്നും കാര്യങ്ങൾ വളരെ ഈസിയാണ് അറിവാണ് ബ്രഹ്മം ഇത്ര സിമ്പിൾ ആയതാണ് അപ്പോൾ നമുക്ക് അവിടെ എന്താണ് നഷ്ടപ്പെടുന്നത് അതായത് ഇത്രയും പറയുകയാണ് അറിവാണ് ബ്രഹ്മം നമ്മൾ നമുക്ക് തോന്നും നമുക്ക് പിടിയിൽ ബ്രഹ്മം എന്താണ് അറിവാണ് പക്ഷെ അവിടെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അറിവുകൾ എന്തൊക്കെയാണ് അതായത് അറിവ് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ള പക്ഷേ ബ്രഹ്മം എന്ന് പറയുമ്പോൾ നമ്മളുടെ ബോധ്യത്തിന് അപ്പുറം കുറേ കൂടെ അറിയണം എന്നാലും ബ്രഹ്മമായിട്ട് അറിയാൻ നമ്മൾ പറഞ്ഞിരിക്കുന്ന അറിയിൽ നമ്മൾ കൂട്ടിച്ചേർത്ത് അറിയേണ്ട പല കാര്യങ്ങളുണ്ട് അതിന് പറയാൻ വേണ്ടിയിട്ടാണ് അറിവ് ബ്രഹ്മം എന്ന് പറയുന്നത് അത് ഭക്ഷ്യത്തിന്റെ സ്വീകരിക്കും ഇവിടെയും പറയും അപ്പൊ അറിവിനോട് ബ്രഹ്മം എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായി കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് ആ ശുഖ്യമാണ് ശുദ്ധമാണ് മുക്തമാണ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളോട് കൂട്ടിച്ചേർത്താൽ അറിവ് ബ്രഹ്മമാണ് എന്നതിന്റെ ആശയം നമുക്ക് വ്യക്തമാക്കാം അപ്പൊ എത്രമാത്രം കൂട്ടിച്ചേർക്കാൻ മാത്രമാത്രം കൂടി ചേർത്താം അത്രയും വ്യക്തമായും ക്ലാരിറ്റി എന്നതിനോട് അതല്ലാതെ അറിവ് ബ്രഹ്മ അറുപ ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ആവർത്തിക്കാൻ അല്ലാതെ നമുക്ക് ബ്രഹ്മമെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതലായി ഒരു അറിവ് അത് പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇത് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അനുഭവപ്പെടാത്തതുപോലെ എന്ന് പറഞ്ഞാൽ അറിവായ്മുണ്ട് അനുഭവപ്പെടുന്നുണ്ട് പക്ഷെ ഇങ്ങനെ അറിയുന്നില്ല നിത്യമായി അറിയുന്നില്ല മുത്തമായി അറിയുന്നില്ല ആനന്ദ സ്വരൂപമായി അറിയുന്നില്ല തന്റെ സ്വരൂപമായി അറിയുന്നില്ല ഇങ്ങനെ പല രീതിയിൽ അറിയുന്നത് ഇങ്ങനെ അറിയുന്നതിനാണ് പറയുന്നത് ഇന്റർപ്രിട്ടേഷൻ നോളേജ് ഇന്റർപ്രിട്ടേഷൻ നോളേജ് മനസ്സിലായി ഡെഫിനേഷൻ ഇന്റർപ്രട്ടേഷൻ പറഞ്ഞ വ്യാഖ്യാനം അപ്പൊ വ്യാഖ്യാനത്തിലൂടെ അറിയുക എന്ന് പറയുന്നതാണ് ഇനി നമ്മളെ ഒരു ലക്ഷണം പറഞ്ഞു ഞാൻ വീണ്ടും വരെ വെക്കാനിക്കും ഈ പറയുന്നൊക്കെ ലക്ഷണം തന്നെയായിരുന്നു നിത്യം മുത്തു തമ്പു പറയുന്നു ഈ ബ്രഹ്മത്തിന്റെ ലക്ഷം തന്നെയാണ് പക്ഷെ അത് വെക്കാനിക്കുന്നു നമുക്ക് എത്രമാത്രം വേഗാനിക്കുമോ അത്രമാത്രം അതിനെ അറിയാവും ഉദാഹരണം പറഞ്ഞാൽ നിത്യം ഞാൻ കഴിഞ്ഞ ദിവസം വ്യക്തിയാണ് അങ്ങനെ മനസ്സിലാക്കാൻ വ്യാപാനിച്ചത് പോയി ഞാൻ എന്നും അതൊക്കെ കാണാ വിളിച്ചു വെച്ചു കാണാ വിളിച്ചു ആശയപ്പെട്ടില്ല മനസ്സിലാക്കാന്ന് പറയുന്നവരെ കാണാ വിളിക്കാൻ പറയുന്നത് ഇങ്ങനെ ഇന്നലെ പറഞ്ഞ് ഇന്ന അറിയണം അതാണ് കാര്യങ്ങൾ മനസ്സിലാക്കാന്ന് പറയുന്നത് ഇന്നലെ പറയുന്നത് എന്താ മനസ്സിലാക്കി വിനയാണെന്ന് പറഞ്ഞേ പറഞ്ഞു ഒരേ കാര്യം നിത്യം എന്ന് പറഞ്ഞാൽ കാണും മനസ്സിലാക്കാത്തക്ക രീതിയില് പറഞ്ഞു രണ്ടു ദിവസം പറഞ്ഞു മ്മ് പക്ഷെ അറിയിക്കില്ല എന്ത് എങ്ങനെ ഇത്രയും പെട്ടെന്ന് നടപ്പു ഞാനിപ്പോ പറഞ്ഞാ പറഞ്ഞു ഇതായിട്ട് എല്ലാവരും ഇത്രയും വലിയ കാര്യം പറയും സിമ്പിളല്ലേ എന്ന് എല്ലാവരും പറയും പറ്റില്ല ഇപ്പൊ എന്നു ഞാൻ പറഞ്ഞത് തന്നെ പറയും ആർക്കും പറയാൻ പറ്റിയത് ഞാൻ പറഞ്ഞു ആർക്കും പറയാം ഞാൻ പറഞ്ഞതിനെ പറ്റും ഞാനേ അത് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് നിങ്ങളുടെ എത്രമാത്രം ഗ്രാസ് ചെയ്ത് ഇപ്പൊ എത്രമാത്രം നിങ്ങളെ നമ്പറിയിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിട്ടാണ് ഞാനീ പറയുന്ന കാര്യങ്ങളെ ഒരു പത്ത് നാൽപ്പത് കൊല്ലം മുമ്പ് കേട്ടെന്നുള്ള കാര്യങ്ങളാണ് അന്നുള്ള കാര്യങ്ങളേ ഉണ്ട് ഇപ്പം കൊണ്ടു കിടക്കുന്നു ഇത് ഇന്നലെ പറഞ്ഞ പോലെ കഴിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് സ്വീകരിക്കാൻ പറ്റത്തി അതായത് ഞാൻ ജനിക്കുന്നതിന് മുമ്പും ഞാൻ മരിച്ചതിന് ശേഷവും ഉണ്ടായിരിക്കുന്നതാണ് നിത്യമായ അറിവെന്ന് പറഞ്ഞു ഗവർണർ ഞാൻ ജനിക്കുന്നതിനും ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഞാൻ മരിച്ചാലും ശേഷിക്കുന്ന അറിവ് അതാണ് എന്ന് പറയുന്നത് കാരണം അറിവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് തന്നെ സംബന്ധിച്ച് മനസ്സിലാക്കും അപ്പൊ എന്റെ അറിവ് ഞാനാകുന്ന അറിവെന്ന് ഒക്കെ പറയുന്നത് ജനിക്കുമ്പയുണ്ട് മരിച്ചതിന് ശേഷം ഉണ്ട് അതുകൊണ്ടാണ് അതിന് നിത്യം നോക്കി അല്ലാതെ ഒരു കേവല നിർമ്മാണം നമ്മളുമായിട്ട് ബന്ധപ്പെട്ടാ പഠിച്ചു വെച്ചിട്ട് ഒരു ആ രീതിയിൽ ബ്രഹ്മം എന്ന് പറയുന്നത് മനസ്സിലാക്കുമ്പോ ഒരാൾക്ക് മനസ്സിലാകും ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അറിവെന്ന് പറഞ്ഞാൽ ഞാൻ ജനിക്കുന്നബേ ഉണ്ട് ഞാൻ മരിച്ചതിന് ശേഷം ഉണ്ട് ഉള്ള അറും ഏതാ അറു അതിന് എന്റെ അറിവെന്നോ ഞാനാകുന്ന അറിവെന്ന് പറയും സമാധി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് സമാധി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു ഇങ്ങനെ ഒരു ബോധവും സമാധി ആയിട്ട് യാതൊരു ബന്ധമില്ല ഇനി സമാധി എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കി എന്നാൽ മനസ്സിലാക്കിയാല് പിന്നെ ഞാൻ ശരി സമാധി എന്ന് പറഞ്ഞാൽ എന്താ സ്വയം മനസ്സിലാക്കി നമ്മൾ ദോഷമുള്ളതായാലും ഗുണമുള്ളതായാലും ഞാൻ കറക്റ്റ് ചെയ്യാം അതൊന്നും പ്രശ്നമില്ലാത്ത ഒന്നും ഇല്ലാത്ത ഒന്നുമില്ലാത്ത ഒന്നുമില്ലാത്ത അത്രയും ചാങ്കിണ്ടാവും നിങ്ങളാരും പറഞ്ഞാൽ പോരാ പറയേണ്ട ആളുകളെ നിങ്ങൾ കൂട്ടിയാരുടെ കാര്യമില്ല ചെറുക്കളൊന്നും ഇല്ലാത്ത അപ്പൊ എന്താണോ സമാധി സമാധി എന്ന് പറയുന്നത് എന്താണ് എല്ലാം മറന്നിരിക്കുന്ന അവസ്ഥ അതാണ് ഉദ്ദേശിച്ചത് ശരിയാണ് സമാധിയെ കുറിച്ച് അങ്ങനെ പറയാം എന്താണ് ഒന്നും അറിയാതിരിക്കുന്ന അവസ്ഥ അപ്പൊ അവിടെ ചോദ്യം ഒന്നും അറിയാതിരിക്കാന്ന് പറഞ്ഞാൽ ഭാഗ്യമായ ഒരു ബോധം ഇല്ലായിരിക്കാന്ന് വച്ചാൽ പുസ്തകമേശ് പ്രികൾ തരുന്നത് ശരീരം ഇത് കുറിച്ചൊന്നും ഒരു ബോധം ഇല്ലാതിരിക്കുക എന്ന ഈ അവസ്ഥയാണ് പറയുന്നത് വ്യക്തിബോധം വെച്ചാൽ ഞാനെന്നുള്ള ബോധം ഞാനെന്നുള്ള ബോധം ഇല്ല ഭാഗ്യമായ ഒരു ബോധമുണ്ട് അപ്പൊ അങ്ങനെ ഒരു ബോധമില്ലാത്ത ഒരവസ്ഥയിൽ ഞാനിരിക്കാം ബോധശൂന്യനായിരിക്കാം അല്ലെ കുഴപ്പമൊന്നും സമാധി കുറച്ചു പറയാം ബോധശൂന്യന ഒരാൾ ബോധശൂന്യമായിരിക്കുന്ന അവസ്ഥ അത് സമാധി നോക്കാം അപ്പൊ ഞാനൊരു ചോദിച്ചോ അതും ഉറക്കം ഒന്നും വ്യത്യാസം നല്ല ഉറക്കം ശരി അങ്ങനെ ഇരുന്നിട്ട് ഒരാൾ ഈ പ്രപഞ്ചത്തെ ഒരു ബോധമില്ലാതെ ഞാനെന്നുള്ള ബോധമില്ലാതെ ഇരുന്നതിന് ശേഷം ഉണർന്ന് കഴിയുമ്പോൾ ഉറക്കമെന്നുള്ള ബോധം ഇല്ലാതെ തിരക്കാം പിന്നെ എന്ത് ബോധമായിരിക്കും ബോധം വേണമെന്ന് ഉണർന്ന് കഴിയുമ്പോൾ എന്തായിരിക്കാം ബോധം ഒന്നും ബോധശൂന്യമായ അവസ്ഥയിലേക്ക് പോകുന്നു ഓണമൊന്നും വരുമ്പോഴത്തേക്ക് ഉറങ്ങിയെന്നറിയാൻ പറ്റുന്നില്ല ആ പിന്നെ സമയം പോയി അറിയുന്നില്ല എത്ര സമയം കടന്നു പോയിട്ടുണ്ടോ ഉറക്കത്തിന് നല്ല ഉറക്കത്തിൽ നമ്മള് സമയം പോയി എത്ര സമയം ഉറങ്ങിയെന്ന് അറിയില്ല സമയം പിടിക്കും പാച്ചിലൊക്കെ നോക്കുമ്പോഴിയാൻ പറ്റും അപ്പോൾ തന്നെ പറയും ബോധം നഷ്ടപ്പെട്ടു സമയം കുറിച്ച് അങ്ങനെ പറയുന്നത് അതായത് ഒരു പ്രകാശം കണ്ടും പ്രകാശം പ്രകാശം കണ്ട് പ്രകാശം മറന്ന് തന്നെയും മറന്നു പിന്നെ ഉണർന്നു വരുമ്പഴത്തേക്ക് സമയം കടന്നുപോയി അറിയുന്നില്ല ആ ഒരു അവസ്ഥയെ കുറിച്ച് ഉണർന്നു കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും ഉറപ്പില്ല പിന്നെ ഏതെങ്കിലും തരത്തിൽ ആ അവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കാൻ പറ്റും വിശദീകരിക്കാൻ പറ്റില്ല സമാധിയെ കുറിച്ച് പറയുന്നു എന്താണ് നല്ല ഉന്മേഷവും ഫ്രഷ്നസ്സും ഒക്കെ സമാധി അത് സമാധി തന്നെ കുഴപ്പമില്ല അതാണ് ധ്യാനം വരുന്ന ഒരു റീചാർജ് ചെയ്തെന്നൊക്കെ പറയും അങ്ങനെ ഒരു അവസ്ഥ വരും മനുഷ്യർക്ക് അങ്ങനെ അവസ്ഥ വരാം എന്റെ സമാധി അതുകൊണ്ടാണ് ശങ്കരാചാര്യ പറയുന്നത് സുഷുപ്തി മൂർച്ച സമാധി മൂന്നാവസ്ഥയും വേറെ വരെയാണ് സുഷുപ്തി നല്ല ഗാഠുറും അതൊരവസ്ഥയാണ് മൂർച്ച എന്നുവെച്ചാൽ ബോധം കിട്ടുക മനുഷ്യ തലക്കിടയിൽ കിട്ടിയോ ഏംഗൽ മറ്റൊരു അവസ്ഥയാണ് പിന്നെ മൂന്നാമത്തെ അവസ്ഥ സമാധി എന്ന് നീ പറയുന്നത് ഇങ്ങനെ എന്താണോ ധ്യാനിക്കുമ്പോൾ പെട്ടെന്ന് എല്ലാ നഷ്ടപ്പെട്ട് സമയം അറിയാതെ കുറച്ച് സമയം ഇരിക്കുക പിന്നെ ഉണർന്നു വരും അപ്പോ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്ക് ചിലരെ സംബന്ധിച്ച് ശരീരം നിസ്തരമായിരിക്കും ചിലരെ സംബന്ധിച്ച് ശരീരം ചരിച്ചുകൊണ്ടിരിക്കും രണ്ടും സംഭവിക്കും ദോഷങ്ങളുണ്ടായിരിക്കും പക്ഷേ ഇതങ്ങനെയല്ല അതൊന്നും അറിയുന്നില്ല അത്രേ ഉള്ളു അപ്പൊ ഇതിനെ സമാധി തന്നെ പറയുന്നു ഇങ്ങനൊരവസ്ഥയത് മൂർച്ചയല്ല അത് ഉണർന്ന് വരുമ്പോ ഫ്രഷനെ സംബന്ധിച്ച് ഇതിന് ന്യൂറോ സയൻസ് സൈക്കോളജി എല്ലാം അംഗീകരിക്കുന്ന ഒരവസ്ഥയാണ് അവിടെ മനസ്സിലായി യോഗശാസ്ത്ര മാത്രമല്ല രണ്ടും അംഗീകരിക്കുന്നത് ഇങ്ങനെ ഒരവസ്ഥയും മനുഷ്യരുണ്ടാകാം പ്രത്യേകിച്ചും ധ്യാനിക്കുന്നവർക്ക് ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് പോകാം ഞങ്ങൾ പറയുന്ന സൈക്കോളജിയും ന്യൂറോ സയസും അപ്പൊ അതെന്താ പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞാൻ അവർ പറയുന്നത് എന്താണോ അതെന്താ പറയുന്നു സയൻസ് അതിന്റെ പ്രധാനപ്പെട്ട അത് വേറൊരു കാര്യം ഇങ്ങനെ ഒരു അവസ്ഥയെ സയൻസ് പറയുന്നത് ഇത് ബ്രെയിനിന്റെ ഒരു സ്റ്റേറ്റാണ് ബ്രെയിനിന്റെ ഒരവസ്ഥയാണ് അതായത് ഇപ്പൊ ഞാനിങ്ങനെ ഉറന്നുകൊണ്ടിരിക്കുമ്പഴത്തേക്ക് എന്റെ ഈ ബോധ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് ബ്രെയിനിലെ പ്രവർത്തനങ്ങളുണ്ടാണ് ബ്രെയിനിൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ടാണോ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ അവസ്ഥ വിട്ടിട്ട് എങ്ങനെയാണ് ഉറക്കത്തിൽ ഉറക്കത്തിലും ബ്രെയിൻ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ അവിടെ ബോധമില്ല ഉറക്കത്തിന് അങ്ങനെ സംഭവിക്കുന്നുണ്ട് ബ്രെയിൻ പ്രവർത്തിക്കുന്നുണ്ട് ബ്രോൺ പ്രവർത്തി ഞാൻ നിലക്കും എനിക്ക് തിരിച്ചു വരാൻ പറ്റും ഈ സമാധിയെ സംബന്ധിച്ച് ഏറ്റവും യോഗികളെട്ട് പഠിക്കുന്ന ഒരു പ്രശ്നമാണ് ഒരാൾ സമാധി പോയിട്ട് അങ്ങനെ തിരിച്ചു വരും പിടിച്ച ഒരു പ്രശ്നമാണ് അതിന് ഉത്തരമറിയാറുള്ളത് നിങ്ങളെ ഉത്തരമാണ് ശാസ്ത്രത്തിലുള്ള ചർച്ചയും അത് അവരുടെ വിഷമപിടിച്ച ഒരു പ്രശ്നമാണ് സമാധി നിന്ന് അങ്ങനെ പ്രാപങ്ങളൊന്നു കഴിയും അപ്പോൾ ന്യൂറോ സയൻസിന് വളരെ വ്യക്തമായ ഉത്തരമാണ് അതായത് ഇപ്പോൾ പറഞ്ഞുണ്ടോ ഉറക്കത്തിന് നമ്മൾ ഒന്നും അറിയാതിരുന്നു അതുകൊണ്ടാണ് ഉറക്കത്തിനൊന്നും അറിയാതെ ഇരുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ ബ്രെയിൻ പ്രവർത്തിച്ചു ആ ബ്രെയിന്റെ പ്രവർത്തനങ്ങളെ ഇ എന്ന് പറയുന്ന വിഷയം ഉപയോഗിച്ച് നമുക്ക് അടക്കാൻ പറ്റും അണെന്ന് നോക്കഴിഞ്ഞാൽ അതിനാകാവി ഇറ്റാഗാമ ഇങ്ങനെയുള്ള റേസിലൂടെ അതിന് അടയാളപ്പെടുത്തും എന്നുവെച്ചാൽ ബ്രെയിനിന്റെ ഫംഗ്ഷൻ അവിടെ നടക്കുന്നുണ്ട് പക്ഷെ പകല ഇപ്പണ്ണുണ്ടിരിക്കും പോലെ ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലല്ല അപ്പൊ ഗാഠമായ ഉറക്കത്തിലും ബ്രെയിനിന്റെ ഫംഗ്ഷൻ നടക്കുന്നുണ്ട് പക്ഷെ ഇവിടുത്തെ സൈക്കോളജി അവിടെ ഇല്ല അവിടെ വക്കുന്നത് എന്നാൽ അവിടെ ബ്രെയിനിന് വളരെ എന്താണ് സൂക്ഷ്മമായ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ഒരാൾ ഉറക്കത്തിലേക്ക് അല്ല പോകുന്നു മറ്റൊരവസ്ഥയിലേക്ക് പോയാണ് പല അവസ്ഥയിലേക്കും പോവാന്നില്ലേ ഒരാൾക്ക് ഒരാൾ വെളിച്ചം കാണണമെന്ന് പറയും വിഷൻസ് ഉണ്ടാവും ഞാനവിടെ പറയും വെളിച്ചം അല്ലെങ്കിൽ ശിവനെ കാണാം അല്ലെങ്കിൽ പല വിഷൻസ് ഇങ്ങനെ അത് എന്താണ് അവസ്ഥ അതൊരവസ്ഥയാണ് പക്ഷെ അത് ഈ സ്വപ്നമല്ല സുഷ്ടിയല്ല ഇതൊന്നുമല്ല അതിന് കണ്ണൂർ ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ സ്വപ്നത്തിൽ എങ്ങനെയാണ് ഓരോന്ന് പ്രത്യക്ഷപ്പെടുന്നത് അതുപോലെ ഇങ്ങനെ പ്രത്യക്ഷ പറയുന്നു നമ്മുടെ കണ്ണാർ ഊരിന്റെ അവിടെയൊക്കെ അതിന്റെ മാർക്കറ്റിംഗ് നടക്കുന്നു ഈ വിഷൻസ് ഇങ്ങനെയുണ്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇത് സംഭവിക്കാം ചിലർ വിഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും അത് മാറത്തില്ല അങ്ങനെ എനിക്ക് പ്രചോദനമാകും നിൽക്കും അവിടെ എന്താണ് ബ്രെയിൻ പ്രവർത്തിക്കുന്നുണ്ട് ഇതാണ് നേരത്തെ പറഞ്ഞ ലൈറ്റ് നടന്നു പറയുന്നത് ബ്രെയിൻ്റെ പ്രവർത്തനം ഉണ്ട് നല്ലതോ മോശം എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് പറയുന്നത് ഇനി അടുത്ത് ഈ വിഷൻ ഒന്ന് അവസാനിച്ചു നമുക്ക് ജാഗ്രത പോയി സ്വപ്നം പോയി സുഷുത്തി പോയി വിഷനുണ്ടായി അത് പോയി പോയി കഴിഞ്ഞാൽ അവിടെ ബ്രെയിൻ പ്രവർത്തിച്ചുകൊണ്ടേ അപ്പൊ ഈ മുമ്പ് പറഞ്ഞ ഒരു അവസ്ഥകൾ നല്ല ഒരു ദിവസം പറഞ്ഞാൽ നല്ല വർമ്മ ഉറക്കത്തിൽ നമ്മുടെ ഉണർന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രഷ്നസ് ഉണ്ടാവും നല്ല വർമാണി രാവിലെ എനിക്ക് നല്ല ഫ്രഷായിരിക്കും അങ്ങനെ തോന്നാറുണ്ടാവും നല്ല ഉറക്കണി തോന്നും ഇല്ലെങ്കിൽ വീണ്ടും കിടന്നു കിടന്നു മടി തോന്നും അതുപോലെ ഈ വിഷനില്ലാത്തൊ അവസ്ഥയിലേക്ക് പോകുകയാണെങ്കിൽ ഉറക്കം അല്ലെങ്കിൽ ഉണർന്നു വരുമ്പോൾ നല്ലൊരു മൂഡായിരിക്കും എന്തായാലും ശരീരത്തെക്കുറിച്ച് ബോധവുമില്ല പ്രപഞ്ചത്തെക്കുറിച്ചും ബോധമുണ്ടെങ്കിൽ ഉറക്കത്തിന് അങ്ങനെയാണ് കാലബോധം ഇല്ലാത്തത് ഈ അവസ്ഥയിലും കാലബോധമില്ല ഉറപ്പിക്കുന്ന തമ്മിലുള്ള വ്യത്യാസം പ്രധാനമായ വ്യത്യാസം എന്താണ് ഉറപ്പെന്ന് പറയുന്നത് നമ്മളത് പെട്ടുപോകുകയാണ് അതായത് ഉറക്കത്ത് നമുക്ക് പ്രതീക്ഷിക്കാനേ പറ്റും ഉറങ്ങാൻ പറ്റത്തില്ല അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം വഴിയായി കിടക്കാം എന്നുവെച്ചാൽ ഉറക്കത്തിന് വേണ്ടി പ്രിപ്പയർ മാത്രമേ സാധ്യ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല വരും നമ്മൾ പിന്നെ ഉറക്കത്തിൽ ഉള്ള പ്രിപ്പറേഷൻ നടത്തി പ്രിപ്പറേഷൻ നടത്തി കഴിയുമ്പോൾ നമ്മളിപ്പോകുന്നു ഉറക്കത്തെ നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റത്തില്ല ഉറക്കത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തും നമ്മുടെ ഡിമാൻഡിനനുസരിച്ച് വരുന്ന എന്ത് ഉറക്കം വരുന്നുണ്ടാവും ഉണ്ടാവും അതെന്ന് വെച്ചാൽ നമ്മുടെ ഡിമാൻഡ് അനുസരിച്ച് വരുന്ന നമ്മുടെ ഡിമാൻഡിനായിട്ട് ഒരു ബന്ധമുണ്ട് തന്നെ നീ അതിന്റെ സമാധ്യം എന്ന് പറയുന്നത് അങ്ങനല്ല നമ്മൾ മനസ്സിനെ ഏകാഗ്രപ്പെടുത്താൻ ശ്രമിക്കണം നമ്മളതിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുകയാണ് അപ്പോൾ ബ്രെയിൻ പ്രവർത്തിച്ച് വിഷൻ എന്ന് പറയുന്ന ഒന്ന് ആദ്യം പിന്നെ അത് കിടന്ന ഒന്നും അറിയാത്ത ഒരു അവസ്ഥയിലേക്ക് ബ്രെയിൻ എത്തിച്ചേരുന്നെന്ന് പറഞ്ഞാൽ അത് അവിടെ ബ്രെയിൻ പ്രവർത്തിക്കുന്നുണ്ട് ന്യൂറോ സയൻസ് പറയുന്നത് എന്താണ് അത് ബ്രെയിനിന്റെ ഒത്തിയ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളുടെ ഒവസ്ഥയാണ് എന്താ പറയുക ഇ പഴയകാലത്ത് മനുഷ്യർക്കെക്കുണ്ടായിരുന്നു ഇന്ന് മനുഷ്യർക്കനുണ്ട് അപ്പം ചോദിക്കും ഞാൻ ധ്യാനിക്കുന്നിട്ട് എനിക്കൊന്നും അങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് സംഭവിക്കാത്തത് മനസ്സിലാവുന്ന പക്ഷി പറയാം നമ്മുടെ ഈ ബ്രെയിൻ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് പക്ഷേ ബ്രെയിൻ എന്ന് പറയുന്നത് തന്നെ എന്താണ് വ്യത്യസ്തമാണ് അതായത് വയറിംഗ് ഈ വയറിംഗ് വ്യത്യസ്തമാണ് എല്ലാവർക്കും ദൂരെ വയറിങ്ങ് അതുപോലെ ബ്രെയിൻ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ വ്യത്യസ്തമാണ് ഒരാൾക്ക് ധ്യാനിക്കണമെന്ന് തോന്നുക ധ്യാനം തിരിക്കുമ്പോൾ നഷ്ടപ്പെടുക ഒന്നും അറിയാതിരിക്കുക എന്നൊക്കെ പറയുന്നു മികച്ച ബ്രെയിനിന്റെ പ്രത്യേകതയാണ് അതുകൊണ്ടാണ് എല്ലാവർക്കും ഉണ്ടാകാതെ അതുകൊണ്ട് എല്ലാവരും സംഭവിക്കത്തില്ല ഉറക്കണമെങ്കിലോ അത് എല്ലാ മനുഷ്യർക്കും എല്ലാ മനുഷ്യരുടെയും ബ്രെയിനുള്ള ഒരു സംഭവമാണ് എല്ലാവർക്കും ഉള്ള കാര്യമാണ് എല്ലാവർക്കും ഒക്കെ സംഭവിക്കും പക്ഷെ ഈ പറയുന്ന ധ്യാനത്തിന്റെ സമാധി എന്ന് പറയുന്നത് ഈ പറഞ്ഞ സമാധിയാണ് അത് എല്ലാവർക്കും സംഭവിക്കില്ല അതിനുള്ള പ്രത്യേക ബ്രെയിൻ ഉള്ളവർക്കും സംഭവിക്കാ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇതാണ് ന്യൂറോ സയൻസ് മറ്റും പറയുന്നത് അത് മറ്റൊരു വാക്ക് പറയുന്നത് വയറിംഗിന്റെ വ്യത്യാസ വ്യത്യാസം എന്തിനാണ് മാറ്റുന്നത് എന്തിനാണ് ചേഞ്ച് വരുത്തുന്നത് അതുകൊണ്ട് നമ്മൾ ദോഷം എന്തിനാണ് ചേഞ്ച് വരുത്തുന്നു പ്രത്യേകത ആ പിന്നെ ഈ ഭിഷൻ എന്ന് പറയുന്നതിന് കുറച്ചപാടുണ്ട് വിഷൻ അങ്ങനെ ഒരു സമാധി എന്ന് പറഞ്ഞിങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരും ചേർക്കാടുന്നു സമാധിയിൽ വരുന്നു അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ലെങ്കിൽ കുഴപ്പമില്ല വിഷനും ദോഷമില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷെ വിഷന് ദോഷം വരാം വിഷന് ദോഷം വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പതി പിന്നെ ഒരു കൺട്രോൾ ഇല്ലാതെ അട്രാക്ഷൻ ആയിരുന്നു പിന്നാലെ പറയുന്ന ഒരു വലിയ വട്ടത്തിന് ഒരു വഴി ഞാൻ ഭയങ്കര ഭയം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇപ്പോഴും ഇയാൾ കാണുന്ന ഓരോ വിഷയം ഇവിടെ കിട്ടും ഭൂമിയിൽ കോളേജ് പോകാൻ പോകും ഉദാഹരണമാണ് അത് നാഷ് ഈ നാഷിന് ഭയങ്കര നാഷിന് ശിവൻ പാർവതി ഒക്കെ നാശ് നാഷപ്പോ അതിനെ ചാർജ് ഇപ്പഴല്ലെ വിഷ്ണു ആരെയോ കാണാൻ പറ്റും ഏത് ദേവതയാണെങ്കിലും അത് വെറുതെ ഇങ്ങനെ കാണുകയല്ല പുള്ളി കാണുകയല്ല നാഷ് കാണുക നോക്കിയാൽ അവിടെ നിൽക്കും ആകാശത്തില് ആ വളരെ ക്ലാരിറ്റിയോടുകൂടി വളരെ ഇതായിട്ട് സംസാരിക്കും കാണുക മാത്രമല്ല മേള വന്നത് സംസാരിക്കും നാശിനോട് സംസാരിക്കും മുമ്പ് വന്നിട്ട് അല്ലാതെ ചെറിയ രീതിയിലൊന്നും വേണ്ട അതിനെ എന്താണോ ഇങ്ങനെ ഈ വിഷനുണ്ടാകുമ്പോ പലപ്പോഴും അതല്ല അത് തോന്നുന്നു മറ്റേ അത് വേറെ നാട്ടിങ്ങനെ ട്രെസ്സിന്റെ മേലേക്ക് അറിയുന്നത് ശിവൻ കണ്ടു സംസാരിച്ചിട്ട് താഴെ ഇറങ്ങും എന്ന് എന്നോട് സംസാരിച്ചു ശിവൻ എന്നൊക്കെ പറയുക ഇന്നെ പറഞ്ഞിരിക്കുന്നു എന്ന് എന്നോടൊന്നു പറയും അപ്പോ ഇത് വളരെ അത് അത് പോകുന്നതാണെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം എന്താ പറയുന്നത് ഞങ്ങണ്ട് എന്നോട് സംസാരിച്ചത് അല്ല അല്ലാന്നൊരു പ്രശ്നോട് ഉദ്ദിക്കുന്നത് അപ്പോ ഇനി അത് മാത്രമല്ല ഇനി വിഷനെ കണ്ടിട്ട് ചിലപ്പോ ചില സമയത്ത് മനസ്സ് സമാധിക്കുന്നു ഇതെല്ലാം മറന്നിട്ട് അങ്ങനെയും പോകും അപ്പൊ ഇത് ഇങ്ങനെയുള്ള വിഷൻ ഉണ്ടാകുക സമാധി പോവുക ഇതിലൊന്നും ദോഷമൊന്നുമില്ല പക്ഷേ ഏതെങ്കിലും സന്ദർഭത്തിൽ മനസ്സ് നിയന്ത്രണമെട്ട് പോയത് അത് പറ്റി അങ്ങനെ പോയാൽ ഫോണൊന്നും നിർബന്ധമൊന്നുമില്ല പോകാതിരുന്ന അവര് മതി ഗുരുക്കന്മാരാവും പോയാൽ മരുന്ന് കഴിക്കണം നമ്മുടെ വിഷന്റെ ആ അത് അങ്ങനെ വന്നിട്ട് അത് കൈയോട്ട് പോകാതിരുന്നുകഴിഞ്ഞാൽ അതിന് ശരിക്കും ഉപയോഗിക്കാനുള്ള ബുദ്ധിയും കഴിവും ഒക്കെ ഉണ്ടെങ്കിൽ അവർ ഗുരുത്തന്മാരെത്തി ഉം പക്ഷെ അത് കുറച്ച് ദുർബലമായ മനസ്സാണ് വേണ്ടത്ര പക്വതയെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിന്റെ പുറകെ ഇങ്ങനെ ചിന്തിച്ചു പോയി ഈ പറയുന്ന പോലെ അത് പ്രധാനമായും വരുന്നത് ഇതിനേക്ക് ഒരുപാട് ഇന്റർപെർട്ട് ചെയ്ത് ആളും കിട്ടു കണ്ട്രോളങ്ങ് കണ്ട്രോൾ പോകും അതിനുള്ള എത്ര പേര് ഇവിടെ ഉണ്ട് ഞാൻ പോകുന്നു ഒന്ന് രണ്ടുപേരുന്നുണ്ട് അവിടെ അങ്ങനെയുള്ള ഒരു പത്തുമൂന്ന് പേർക്കാണ് എന്റെ അടുത്ത് തോന്നിയതൊക്കെ പരാതി പറയി പിന്നെ അതിന് വലിയൊരു ഭാഗം മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ഈ വലിയ വിഷയമായിട്ട് വന്നിട്ട് നമ്മുടെ അനാഥാന സാമീന്റെ ആചാവിളി പക്ഷെ കുഴപ്പമൊന്നും പറ്റില്ല പൊളിക്കുന്നത് കുറച്ചൊരു നിയന്ത്രിച്ച് തോന്നാൻ പറ്റും എനിക്ക് ഭയങ്കര വിഷനാണ് ഇവിടെ ഇപ്പൊ തന്നെയുള്ള ചില സാമ്യമാർ ഇവിടെ വന്ന സമയത്ത് തന്നോട് വിഷന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവർ എന്ന് വെച്ചാൽ എല്ലാ കമ്മേസ്യേഷൻ നഷ്ടപ്പെട്ട് യൂസേഴ്സ് ആയി ഇപ്പൊ ഞാൻ ആ കാര്യങ്ങളൊക്കെ ചോദിക്കാത്ത വിഷമുണ്ടോ ഇല്ലെന്ന് ചോദിക്കാതെ അവർ പ്രയാസമുണ്ട് പറയുന്നില്ല ചിലപ്പോ ചില അത് എന്നുവെച്ചാൽ ഞാൻ തേജാവ് എന്ന് പറയും സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മനസ്സിലായി അത് പറയും അടുത്തോ സാറിച്ച നിങ്ങളോട് ഒത്തിരി ആൾക്കാരുണ്ടോ അപ്പൊ ആ ഇപ്പൊ അയാൾ ഓർമ്മ അപ്പൊ ഇതിന്റെ ഒരാളാണ് ആളോട് പറഞ്ഞോളൂ ഒരു കാര്യം ഞാൻ പറയാം ഇന്നലെ ഞാൻ ധ്യാനിച്ചപ്പോ എനിക്കൊരു വിഷൻ ഉണ്ടായി അതായത് നാളെ രാവിലെ സ്വാമി കാണുമോ അപ്പൊ സ്വാമി എന്നോട് ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുന്നു എനിക്കൊരു വിഷൻ ഉണ്ടായിരുന്നു അപ്പൊ രാവിലെ ഞാനിവിടെ ഏഴ് മണിക്ക് ഭക്ഷണം സമയത്താണ് അയാൾ കണ്ടത് അയാളോട് ഞാൻ ചോദ്യം ഇത് ഇയാൾ പറയുന്നത് എന്താണ് തേ ദിവസത്തെ ഇയാൾക്കുണ്ടായ വിഷനാണ് ഞാൻ രാവിലെ ചോദിക്കുന്നു ഞാൻ ചോദ്യം ചെയ്തു കറക്റ്റായിരിക്കും പക്ഷെ ഇവിടെ ചേച്ചി സംഭവിച്ചിരിക്കുന്നത് ഞാൻ ജേജാവെന്ന് പറയും ഒരു സൈക്കോളജിയിലൊരു ഇതാണ് അതായത് ഇയാൾ രാവിലെ എന്നെ കാണാമെന്നു അയാൾക്ക് വിഷയത്തിൽ ഉണ്ടാവുന്ന ആളാണ് എന്താ ഞാൻ അതിനോട് ഒരു ചോദ്യം ചോദിച്ചു അപ്പൊ പെട്ടെന്ന് തന്നെയാണ് എന്നോട് പറയുന്നത് ഞാൻ ഇന്നലെ മിഷൻ ഉണ്ടായതാണെന്ന് പറയുന്നത് ആ സമയം അയാളുടെ മനസ്സിൽ സിട്ടിന്നാണ് ഞാൻ ജേജാവ് എന്ന് പറയും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസത്തെ ധ്യാനം അതൊക്കെ ശരിയാണ് കഴിഞ്ഞ ദിവസത്തെ ധ്യാനത്തിനുണ്ടായ ഒരു മിഷനാണ് ഇതെന്ന് അയാളുടെ മനസ്സിൽ സൃഷ്ടിക്കുന്നതാണ് അല്ല കഴിഞ്ഞ ദിവസം ഉണ്ടാവുമെന്ന് അങ്ങനെ പറയുന്നത് അപ്പൊ അയാൾ എന്താ പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ ഞാൻ കണ്ടത് സംഭവിച്ചു ഈ നമ്മുടെ അനാധനം ഇതായത് സ്ഥിരം പരിപാടി പലപ്പോഴും എന്നോട് പറയും ആ ഇത് തന്നെ ഞാൻ കണ്ടത് തന്നെയാണ് ഇത് സൈക്കോളജിയിൽ പ്രത്യേകം പഠിക്കുന്ന ഒരു വിഷയമാണ് അങ്ങനെ ഞാൻ കണ്ടതാണ് ഞാൻ ഇന്നലെ കണ്ടതാണെന്ന് ഇപ്പൊ അയാളുടെ മനസ്സ് സൃഷ്ടിക്കുന്നതാണ് അതായത് ഇന്നലെ എന്നിട്ട് എപ്പോ ഞാൻ ഈ ചോദ്യം കേട്ടതിന് ശേഷം ഞാൻ ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യം കേട്ടതിനു ശേഷം അയാളുടെ മറുപടി പറയല്ലോ ആ മറുപടി പറയുന്നതിനകം അയാളുടെ മനസ്സ് സൃഷ്ടിച്ച് പറയണം ഇത് ഇന്നലെ ഞാൻ ധ്യാനിത്തീരുന്നപ്പോൾ ഈ ചോദ്യം ഞാൻ കേട്ടതാണ് ഇത്രയെ അയാളപ്പൊ കത്തിയാണെന്ന് നേരത്തെ ഉണ്ടായില്ല എന്നാണ് പറയുന്നത് അപ്പൊ അയാൾക്ക് മുമ്പ് ഉണ്ടായ ഒരു അനുഭവം അല്ല ഇയാളെ നിരന്തരം ധ്യാനിക്കുകയും നിരന്തരം ഇയാൾക്ക് വിഷയങ്ങളുണ്ടാവുന്നയാളായത് കൊണ്ട് ഈ സമയം എന്റെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അയാളുടെ മനസ്സിനെ കളക്ട് ചെയ്തോടെ ഞാനത് ധ്യാനിച്ചു പാസ്റ്റിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അത് അയാൾക്കറിയിട്ടില്ല എനിക്കറിയാം എനിക്കറിയാം സൈക്കോളജിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം നിരന്തരം ഇത് ചർച്ച ചെയ്യുന്നുണ്ടെന്നുള്ള ഇത് ഞാൻ മുമ്പ് കണ്ടതാണ് കേട്ടതാണ് തോന്നുക അല്ലാതെ മുമ്പ് അങ്ങനെ ഒരു കാര്യം അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടേ പക്ഷെ അപ്പോ അയാൾ ദൃഢമായ വിശ്വസിക്കണം ഇതുകൊണ്ട് തന്നെ അപ്പൊ അത് അപ്പൊ ഇതിന് എന്താണ് ന്യൂറോ സയൻസ് പറയുന്നത് ഇത് സൈക്കോളജി പ്ലസ് ന്യൂറോസയൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിന്റെ ഒരവസ്ഥയാണ് അത് ദോഷം എന്നുള്ള കാര്യമില്ല പക്ഷേ ഈ വിഷൻ വരികയും നമ്മളതിനെ കൂടുതൽ ഇട്ടപ്പെടുത്തുകയും പിന്നെ നമ്മുടെ ബാഹ്യമായ സംഭവങ്ങളായിട്ട് കണക്ട് ചെയ്യുകയും വ്യാഖ്യാനിക്കുക ചെയ്യാൻ കഴിഞ്ഞാൽ ഇത് ഒരു പിടിയും അപ്പോൾ ഇങ്ങനെ വിഷമം ഉള്ളത് ഞാൻ പറയുന്നു വിഷൻ ഉണ്ടായിക്കോട്ടെ കുഴപ്പമൊന്നും ഇല്ല നിങ്ങൾ അതിനെ നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി പോയി നല്ലതാണ് കുഴപ്പമൊന്നും ദോഷം നമ്മുടെ സ്വപ്നം കാണും ചെറിയ സ്വപ്നത്തെ വ്യാഖാനും അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം ഒന്നും പ്രോവിഡിന്റെ സ്വപ്നം വ്യാഖ്യാനം എന്ന് പറയുന്ന ഒരു മൂന്നാല് വാടിയുള്ള ഒരു സ്വപ്നത്തെ വ്യാഖ്യാനിക്കാം പ്രത്യേകിച്ച് അർത്ഥം നമുക്ക് ഇത്രയും കാര്യങ്ങളും വ്യാഖാനിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മള് ഞാൻ എല്ലാം പറഞ്ഞിരിക്കും അതൊന്നും പ്രത്യേകിച്ച് ദോഷമുണ്ട് അത് വരുന്ന ഇന്റർപ്രിറ്റേഷൻ പ്രോബ്ലംസ് വ്യക്തിച്ച് വ്യക്തി ചെയ്യാൻ വശമാക്കി ജീവിതത്തിലെ ദൈനംദിന സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പിന്നെ അതിനൊക്കെ ഓരോരോ പുതിയ അർത്ഥം കത്തി ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മനസ്സ് വിട്ടുപോയി ഉറക്കം നഷ്ടപ്പെടും ഉറക്കമുണ്ടായിപ്പോ അത് സംഭവം ഉറക്കം നഷ്ടപ്പെട്ടു ഈ ചിന്ത കാരണം ഉറങ്ങാൻ പറ്റില്ല ഉറങ്ങാൻ കിടക്കുമ്പോഴെന്ന് വരും ഈ വിഷനം ഈ കാര്യങ്ങൾ മനസ്സിൽ തള്ളിക്കാറ് തളിക്കാറുമ്പോൾ മനസ്സിൽ നിന്ന് അത് കളഞ്ഞു തുറന്നാൻ പറ്റാത്തത് ഉറക്കം കുറഞ്ഞു പിന്നെ മിഷൻ സമയങ്ങളിൽ മാത്രമല്ല ഉറക്കത്തിന് ഒരിക്കലും ബാധിക്കില്ല കാശീലൊരു ബംഗാളി ഉണ്ടായിരുന്നു അല്ലവർ വീണ്ടും എടുക്കുന്നത് പോയി അവൻ മണിയാറുണ്ടെങ്കിൽ കാട്ടി പോയി വൈകുന്നേരം ധ്യാനിക്കാരുന്ന വെളുക്കുന്നതു ധ്യാനിക്കും ഒരു ഇരുപത്തി വയസ്സു വരും ഞാൻ അത്ഭുതപ്പെട്ട പോയിട്ടുണ്ട് അവൻ ഇങ്ങനെ ഉറങ്ങാതിന് ധ്യാനിക്കുന്നു അവനെ സഹായിച്ചിട്ടുണ്ടോ അവരുടെ സ്വാമിയുടെ അടുത്തും വരെയും യുവതി കായികാഭ്യാസമായിരിക്കും കരാട്ടെ അത് അങ്ങനെ കുറെ കാലം അവനോട്ടെനിക്കൊരു വർഷത്തെ കാര്യമാണ് ഒരു വർഷം ഒരു വർഷം കഴിഞ്ഞ് ഞാൻ സാമിയുടെ ചെറുതായിട്ട് പറയുന്നത് നമ്മുടെ മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കും ഒരാഴ്ച മുമ്പ് ഞാൻ അവൻ കണ്ടെടു യാവും പകൽ പണിയും രാത്രി ധ്യാനിക്കും ഉറക്കം നഷ്ടപ്പെട്ടു അങ്ങനത്തെ ഒരു നല്ല ജോലിയുണ്ടായിരുന്നു ഒരു ഓഫീസ് വർക്കായിരുന്നു പകലും നല്ലോണം പിന്നെ ഈ ഭാരത സേവാ സമാജം അങ്ങനെ നോക്കുന്നില്ലേ അതിന്റെ ഒരു പടംചീരൊക്കെ അവനൊവിടെ ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരുന്നു അപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയെന്ന് പറഞ്ഞപ്പോൾ ഇനി പോയി കാണാനും പറ്റില്ല കാരണം അന്നെ ക്ലാസ്സൊന്നും കളിക്കുന്നത് മാസം ആശുപത്രിയിലായിരുന്നു തിരിച്ച് അവൻ ദിവസം ആശുപത്രി ഞാൻ അവിടെ നിന്നിരിക്കുന്നു അവന്റെ പഴയ പ്രസരിപ്പെല്ലാം പോയി ഈ മരുന്നെല്ലാം കളിച്ചത് ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ ഇരിക്കുന്നു ആ വ്യക്തിയെ എല്ലാതായി മാറിപ്പോയി അപ്പോ അതുവരെ വളരെ പ്രസരിപ്പോടുകൂടി നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കും ആധ്യാമികളെ കുറിച്ചൊക്കെ നല്ല രാമകൃഷ്ണൻ്റെ പക്കനായിരുന്നു അതുകൊണ്ട് ഇവിടെവരാണ് ഈ അടുത്ത കാലത്ത് എന്റെ പേര് ഞാൻ പറയുന്നത് എന്നോട് വന്ന് നേരിട്ട് പറഞ്ഞാണ് ഇങ്ങനെ ധ്യാനിച്ചോണ്ടിരുന്നു ദേവിയുടെ നമ്മുടെ ഇവിടുത്തെ ദേവിയല്ല ദേവിയുടെ പ്രതിമിധാനിച്ചുകൊണ്ട് പെട്ടെന്ന് തോന്നി ദേവിയവിടെ നിന്ന് ഇങ്ങോട്ട് വരുകയാണ് ദേവി ഇങ്ങോട്ട് വരുന്ന തോന്നി അവിടെ പോകുന്ന നട്ടു അത്രയെ കണ്ടു എന്റെ ബാധ്യമുണ്ടെന്ന് ഉണർന്നു പോകുന്നു ആക പ്രശ്നമായി പോയി മെഡിസിൻ കഴിച്ചു കുറെ കാലം മെഡിസിൻ കഴിച്ചു ആകെ പ്രശ്നമായി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അപ്പോ വിചാരൻ സ്വാമിക്ക് വല്ല പ്രത്യേക അംഗങ്ങളുണ്ട് വയസ്സുകാർന്നും പോരേനിയാണ് ഞാൻ പറഞ്ഞു ആ കൃഷ്ണ അവിടെ ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ പിറകെ പോയി കഴിഞ്ഞാ കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല നമ്മള് അതിനെ ഫോളോ ചെയ്യുമ്പോഴാണ് പ്രശ്നമുള്ളത് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ചിന്തിക്കും ഒരാളുടെ നാഷിന്റെ നാഷിനെ അവന് അവന് വെള്ളമടിക്കും പ്രശ്നമാണ് ഇതൊന്നും ഇല്ല പിന്നെ ഇവിടെ വന്നിട്ട് പോകുവാനും അറിയാ പിന്നെയാണ് നാശനാ അതേണ്ട പ്രശ്നം നാഷിനെ ഇത് തുടങ്ങി ഇതിങ്ങനെ വന്ന് ഒരു സംഗതികൾ പിടിവെട്ടി പോകുമ്പോൾ ആരെങ്കിലും പിടിച്ചിട്ട് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാ പറയും അത്രേ ഉള്ളു ബോധപൂർവ്വമല്ലേ പണ്ട് അതേ മതിയോ എന്തുകൊടുത്താൽ കഴിക്കും ഇങ്ങനെ ഒരു മനസ്സിങ്ങനെ പോകുന്ന സമയത്ത് ആരെന്തുകൊടുത്താണെന്ന് കഴിച്ചിട്ടുണ്ട് അതങ്ങനെ സംഗതി ഇവിടെ പോകുമ്പോഴത്തേക്ക് ആള് സിദ്ധനാകും ഭയങ്കര സിദ്ധനവും രണ്ട് മണി എന്താ കഴിഞ്ഞാൽ വൈകുന്നേരം അഞ്ചുമണിക്ക് മരുന്ന് കഴിക്കും മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങുന്നത് പന്ത്രണ്ട് മണിക്ക് ഉറങ്ങും അതെ ഉറങ്ങാൻ പറ്റും മരുന്നിന്റെ അത്രേ ഉള്ളൂ പിന്നെ ഉറങ്ങാൻ പറ്റില്ല മരുന്നിലാണോ ഉറങ്ങുന്നത് അപ്പൊ ആ സമയത്ത് തന്നെ ഉറങ്ങുന്നത് എനിക്ക് വലിയ പ്രശ്നവും ആ മരുന്ന് കഴിച്ചാൽ ഒരു അരമണിക്കൂറിനോളിയിരിക്കണം അത് ഉറങ്ങാതിരുന്നാല് സമയം കിട്ടത്തി അത് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ വേറെ പ്രശ്നമൊന്നും ഇല്ല ഇപ്പോൾ ചെല്ലിയൊന്നും ഇല്ല പുള്ളിയാൽ ചട്ടിപ്പിടുത്തായിരുന്നു പുള്ളി കൊണ്ട് തന്നെ ഉണ്ടാകുന്നത് ആരോഗ്യം ചട്ടിപ്പിടിച്ചു തന്നെ ഉണ്ടാവും അത്രയുള്ളൂ അപ്പൊ ഇപ്പൊ മെഡിസിൻ ആണ് എല്ലാം കണ്ടോളി പോകും കറക്റ്റ് ആയിട്ട് മെഡിസിൻ കഴിച്ചിരുന്ന പ്രശ്നമൊന്നും മരുന്ന് കഴിക്കുമ്പോഴേ മരുന്ന് ഹാർമോൺ ചേഞ്ച് ആക്കുന്ന മരുന്നാണ് അതിന്റെ അതില്ല ഈ വിഷയങ്ങളൊന്നും നിക്കത്തുമില്ല അപ്പൊ അത് കൺട്രോളിട്ട് പോയാൽ മെഡിസിൻ വേണ്ടി അത് നല്ലതോ അതുകൊണ്ട് ഇത് നമ്മൾ മാനേജ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് അതിന്റെ സക്സസ് അങ്ങനെ മാനേജ് ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ബാക്കിയുണ്ടെങ്കിൽ ഒരു വച്ചി ഗുരുവായൂരി ബാക്കിയുടെ കർണാരുന്ന് പോലെ അതങ്ങനെയല്ല ഗുരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ വളരെ ബുദ്ധിപരമായി ഉപയോഗിക്കാനുള്ള കഴിവ് വേണം ഒന്നും വേണ്ട ഓരോന്നും വേണ്ട സംഗതികളെ വളരെ ഫലപ്രദമായി ബിസിനസ് പോലെയാണ് ഒരാൾ ബിസിനസ് കയറിക്കഴിഞ്ഞാൽ ചില വിജയിക്കും ചില പരാജയപ്പെടും അതിന് പ്രത്യേക കഴിവാണ് അതുപോലെ ഈ ഒരു കഴിവിനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് ഗുരുവാം ഗുരുവായുമാർ പക്ഷെ ചില കഴിവുകളുണ്ട് പക്ഷെ അത് ഒരു ഗുരുവായി മാറത്തക്ക രീതിയിൽ പ്രയോഗിക്കാൻ നോക്കി പരാജയപ്പെട്ടവരാളോട് ഇരുപൊണ്ട് ആരാണ് ഞാൻ കൈ കൊണ്ട് അത്ര എളുപ്പമല്ല പ്രത്യേക ഒരു കഴിവുണ്ടെങ്കിൽ അങ്ങനെ പറ്റും എറണാകുളം ഒരു പൂർണ്ണമായും ഇതാണ് ഈ കഴിവ് പലർക്കും ഉണ്ട് പോഷയുടെ ശിശുമാർക്കുണ്ട് ഫലപ്രദമായി ഉപയോഗിക്കാതെ ലഭിക്കുന്നു ഫലപ്രമായി ഉപയോഗിക്കാൻ കഴിയുന്നുള്ള ആൾക്കാർ ആ അതെ അതെ അതെ അതൊക്കെ ഈ വിഷം എന്തേക്കാണ് ഓക്കെ എനിക്കങ്ങനെ നേരിട്ടറിയില്ല യൂട്യൂബിലൊക്കെ ഉണ്ട് അയാളുടെ ചില ശിശുമാരുടെ ഒക്കെ എനിക്ക് വളരെ കഷ്ടം തോന്നിയാ പിള്ളേരൊക്കെ ഭാവി പോക്കാം കൊച്ചു പിള്ളേരെ അത് ഏകദേശം ആ കാറ്ററിപ്പെടുന്ന ആൾക്കാർ നിങ്ങളത് പറയാം ആ പോവല്ലോ അത് അതൊക്കെ അപകടമാവും ഞാൻ പറഞ്ഞു അതേപോലെ വിളിച്ചാ അവരാ കാരണം ചെടി പിള്ളേരായിട്ട് അത് ഇൻട്രഡ്യൂസ് ചെയ്ത് ഞാന് ഞാൻ ഇതൊക്കെ ഭാവിയിൽ എന്തായി പോകുന്നു പറയാം കഴിച്ചു അതെപ്പായിട്ട് എന്താ അത് അപകടമാണോ അവിടെ വഴി തിരിച്ചുവിടുന്നാണ് അത് ഈ പറയുന്ന സാധനം എന്ന് പറയുന്നത് എം പോലെ അവർ പിടിച്ച ഒരു സാധനം എം ഡി എം വേണ്ടത് ഞാൻ സഹിച്ച വേറെ ആരെയും കിട്ടിയിട്ടെ കിട്ടിയോ അതുകൊണ്ട് ഇപ്പൊ വിചാരിച്ചു മനസ്സിലാക്കണം ഇവിടെയൊക്കെ പറഞ്ഞു ും പറ്റി അല്ല ഇത് പറ്റുന്നത് ആർക്കാണോ ഇനേറ്റാ പറഞ്ഞ പോലെയുള്ളൂ അങ്ങനെയുള്ള വൈറിംഗ് ഉള്ളത് അവർ മാത്രമേ പേർക്ക് പിടിക്കാൻ പറ്റും ഈ വയറിംഗ് ഉള്ളവർ മാത്രമേ അവർ പിടിക്കത്തുള്ളൂ അല്ലാത്തവരുടെ ഒന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല അതിൻ്റെതായ വയറുകൾ ആ വയറുകളുടെ ആൾക്കാരെ ഇവിടെ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് എന്തെയും കാന്തം പഠിക്കുന്നവരെ അട്രാക്റ്റ് ആവും ഇവർ പറയുന്നവരൊക്കെ ചെയ്യും ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഉണ്ടാവും ഇങ്ങനെ വിഷയം ഉണ്ടാവും അത് നമ്മുടെ അനാദാനുണ്ടോ നമ്മുടെ പരിശ്രക്ഷിന് അനാഥാന സമയം നോക്കും ഏതോ ഒരു സ്വാമി കൊടുക്കും അനാഥ് സ്വാമി ഞാൻ പറയുന്ന കാര്യം ചെയ്യാൻ പറഞ്ഞു പ്രണായം പറഞ്ഞു കൊടുക്കും സ്വാമിയെ പ്രണയം ചെയ്യാൻ തുടങ്ങി ഒരാൾ മിഷൻ അതെല്ലാവരും കിട്ടത്തില്ല വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പുളിയുടെ വയറിങ്ങനെ ഫിറ്റായി കത്തി അപ്പൊ അതേപോലെ പുള്ളി ചെയ്തപ്പോ എന്താണ് ഫലപ്രദമായ പുളി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും അത് ഈ വയറിലുള്ളവർക്ക് അത് ഫിറ്റാകും അപ്പൊ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അത് അപകടം ചെയ്യും എങ്ങോട്ട് പോകുന്നു പറയാൻ പറ്റില്ല ചെറിയ ചെയ്തിട്ടില്ല ഇതിൽ നിന്ന് മാറിയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ